ശ്രീഹരിം പരമാനന്ദപദേഷ്ടീശ്വരം വ്യാപകം സർവോകം വലിയ ശങ്കരം ശങ്കചാര്യ യശവം വാദരാ സൂത്രഭാഷ്യകൃതൗ വേ ഭഗവന്ദോ പുനഃപുനഃ സദാശിവസമാരംഭം ശങ്കചാര്യമധ്യമാം സ്മദാ പയന് വേണ്ടേ ഗുരുപരംപരാം ബോധാനന്ദം സച്ചിമാത്മജം അദ്വൈത ദീപിക എന്ന നാരായണ ഗുരുദേവൻ്റെ കൃതിയാണ് നമ്മളെടുത്തത് രണ്ട് ക്ലാസ്സുകളെടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ അതിലെ പത്ത് ശ്ലോകം വരെയാണ് എടുത്ത് തീർത്തതെന്നാണ് എൻ്റെ ചെറിയ ഓർമ്മ അമായി റൈറ്റ് വന്നിട്ടുള്ളവർ നേരത്തെ ക്ലാസ്സിൽ വന്നിട്ടുള്ളവർ ആരെങ്കിലും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 ആചാര്യന്മാരാണ് ശ്രീനാരായണ ഗുരുദേവനും ചത്തമ്പി സ്വാമികളും കേരളത്തിൽ ഗുരുദേവന്റെ അനുകമ്പാ ദശകവും സ്വാമികളുടെ ജീവകാരുണ്യ നിരൂപണവും മാറിമറിഞ്ഞിരുന്ന കേരളത്തെ ചിന്തിക്കുവാൻ വളരെയധികം പ്രേരിപ്പിച്ചിരുന്നു ഒരുവേള അനുകമ്പാ ദശകം കുറച്ചുകൂടി ലളിതവും ഉദാത്തവുമാണെന്ന് തോന്നുകയും ചെയ്യുന്നു ആ ദാർശനിക തദ്ധിയിൽ അദ്വൈതത്തിൻ്റെ ദാർശനിക തദ്ധിയിൽ നിന്നുകൊണ്ട് എങ്ങനെ സാമൂഹികത ആവാം കാരണം ഒരാക്ഷേപമുള്ളതാണ് അദ്വൈതം ഒരു സിദ്ധാന്തമാണ് പ്രയോഗമല്ല അത് നമുക്ക് വ്യക്തമായി കാണാവുന്ന കൃതികളാണ് ഗുരുദേവന്റെ കൃതികളെല്ലാം തന്നെ മറ്റൊന്ന് വേദങ്ങളിൽ നിന്ന് അതിൻ്റെ അനുഷ്ഠാനങ്ങളിൽ നിന്ന്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 ഗുരുദേവന്റെ ആഗ്രഹം ബ്രാഹ്മണ്യത്തിൻ്റെ എല്ലാ നല്ല അനുഷ്ഠാനങ്ങളും സ്വയം സ്വീകരിക്കുകയും അഥവാ ജന്മനാ തന്നെ ഉണ്ടായിരിക്കുകയും ബ്രാഹ്മണർ പോലും തച്ചുടച്ചു കളയുന്ന രീതികളും മറ്റു കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ ഉടനീളം പുലർത്തുകയും അല്ലാത്ത കുടുംബങ്ങളിൽ നിന്നു വെള്ളം കുടിക്കാൻ പോലും തയ്യാറാകാതിരിക്കുകയും ചെയ്ത ഗുരുദേവനെ ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ അല്പം ചരിത്രം പറഞ്ഞത് പുരോഗമനകാരികളായ ബ്രാഹ്മണരുൾപ്പെടെ കേരളത്തിലെ ജന്മബ്രാഹ്മണരുൾപ്പെടെ ബ്രഹ്മജ്ഞാനികളല്ല നമ്പൂതിരിമാർ അയ്യർമാർ അയ്യങ്കർമാർ ഇവരെല്ലാം ഉൾപ്പെടെ സമസ്ത മേഖലകളിലും ഒരു പക്ഷേ സ്വാമി വിവേകാനന്ദന്റെ ഉള്ളിൽ പറയില്ല അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണങ്ങളിലും சிலபொல் అద్వేహతిన్ ప్రభాషనతే మలయాలతിലേకు తర్జుమ చేదవరడ ఉల్లి నిపుణుడు కారణం that intellectual giant reduced the pandits to ashes റെഡി യൂസ് ടു ആക്ഷസ് എന്ന ഫ്രൈസ് പ്രയോഗിക്കുമ്പോൾ എൻ വി കൃഷ്ണവാരി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ തർജ്ജമ ചെയ്യുമ്പോൾ എഴുതിയത് ആ ബുദ്ധി എത്രയെത്ര പണ്ഡിതന്മാരെയാണ് തീരിട്ട് ചുറ്റുകൊന്നത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ കാലഘട്ടത്തിലാണ് ഗുരുദേവൻ കേരളത്തിൻ്റെ തമോമണ്ഡലത്തില് ആത്മവിദ്യയുടെ പീയൂഷവും അനവരതം നൽകി സഞ്ചരിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഒരിടത്തെങ്കിലും പാരമ്പര്യ വിജ്ഞാനത്തിൻ്റെ പരമാനന്ദം നുകരുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത അദ്വൈതാനന്ദത്തിൻ്റെ അനവധ്യസുന്ദര മേഖലകളെ ലോക ജനതയ്ക്കായി നൽകിയ ശങ്കരനെ ഒരിടത്തുപോലും അദ്ദേഹം നിഷേധിക്കുകയോ നിന്ദിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് നാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും ഏറ്റവും ശ്രദ്ധേയവുമായ ചരിത്രപരമായ അംശങ്ങളിൽ ഒന്ന് ഏതെങ്കിലും ഭയം കൊണ്ടോ ഏതെങ്കിലും വീരുത്വം കൊണ്ടോ അല്ലാതെ എന്നുള്ളത് അദ്ദേഹത്തിന് കൃതികളിലൂടെ സഞ്ചരിച്ചാൽ വ്യക്തമായി ബോധ്യമാകുന്നതുമാണ് ഒരുപക്ഷെ പാരമ്പര്യത്തെ മുഴുവൻ വലിച്ചെറിഞ്ഞ് ഇന്ത്യൻ ജനതയുടെ മുഴുവൻ അമരക്കാരനായി മാറുവാൻ ധിഷണയും ശേഷിയും സേമിഷിയുമുണ്ടായിരുന്ന ഗുരു അദ്വൈത ചിന്തയെയും അതിൻ്റെ അവതാരകനെയും മാത്രമല്ല വേദങ്ങളെയും ഉപനിഷത്തുകളെയും പോലും നിഷേധിക്കാതെ അവയുടെ ആശയങ്ങളെ അതീവ മനോഹരമായി ഒരു ജനതയ്ക്ക് നൽകിയത് പാരമ്പര്യ പ്രതിഷ്ഠ പുനരുജ്ജീവിപ്പിക്കുവാനായിരുന്നു എന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ജന്മദിനവും സമാധി ദിനവും ആഘോഷിക്കുന്ന വേളകളിൽ അദ്ദേഹത്തോട് ഭക്തിയുള്ളവർ ആലോചിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ ആ ചരിത്രത്തെ അല്പമൊന്നും ധരിച്ചു ഗുരുദേവൻ്റെ കൃതികളെല്ലാം ശ്രദ്ധേയമാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ അവയാണ് ഏറ്റവും കൂടുതൽ ഭാഷ്യം അദ്ദേഹം പ്രത്യേകമായി രചിക്കുകയായിരുന്നില്ല തൻ്റെ പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു പൂർവഗ്രന്ഥങ്ങൾക്ക്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 पूर्व पार्य अलो उपेक्षा श्रद्धेय स्वीक पलपु इं सन्यास पार्य शरा कृति व्याख्यु प्रस्थानव भाष्यम चमचु नूचा ജനങ്ങൾക്കറിയാവുന്ന കൃതിയിലൂടെ കൈവച്ച് അതിൽ തൻ്റെ അഭിപ്രായങ്ങൾ ആവോളം തിരികിക്കേറ്റി പ്രശസ്തരാകാൻ ശ്രമിക്കുമ്പോൾ അവയ്ക്ക് വ്യക്തതവും സുദൃഢവും ആയിട്ടുള്ള ഭാഷ്യങ്ങളുണ്ട് എന്നറിഞ്ഞ്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 അന്ധമായി വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും വേറിട്ടല്ലാതെ ക്ഷരാക്ഷരങ്ങൾ യോജിക്കുന്ന എഴുത്തും ചിത്രവും വായനയുമായി നീങ്ങുന്ന മലയാളിയുടെ മനസ്സും ശരീരവും മാത്രമല്ല കുടുംബവും ബന്ധങ്ങളും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 അവിടെ നിങ്ങൾക്ക് ആലോചിച്ചു തിരിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിൽ മലയാളം ശരിയായി പഠിപ്പിക്കാനും മലയാള ഭാഷയുടെ പ്രാചീന ലിപികളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോകാൻ തുടങ്ങുകയും ചെയ്യുമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വയസ്സുകാലത്ത് മക്കൾ വായിക്കരിയിടും ഇല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടുപിരിയും ഇങ്ങനെയൊക്കെ കുറേ അന്ധവിശ്വാസങ്ങളുള്ള ആളും കൂടിയാണ് ഞാൻ എൻ്റെ അന്ധവിശ്വാസങ്ങൾ നിങ്ങൾക്കത്ര സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കിഷ്ടം അവയാണിത് ഞാനിവിടെ വരുമ്പോഴൊക്കെ പറയാറുണ്ട് എന്നെ സ്വാമി ഇടയ്ക്കൊക്കെ വിളിക്കുന്നത് ഈ അന്ധവിശ്വാസമൊക്കെ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കാനാണെന്നാണ് എൻ്റെ ധാരണയും നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്നാലും അതിന് എനിക്കൊരു സുഖമുണ്ട് കാരണം ചിന്മയാമിഷണനിലൊക്കെ വരുന്നത് മിക്കവാറും പണ്ഡിതവരേന്ദ്രരായ നല്ലൊരു ജനസമൂഹമാണ് അവരോട് വന്നിരുന്ന ഈ അന്ധവിശ്വാസമൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും പറയാതറങ്ങിപ്പോകുമ്പോൾ പിന്നെയുള്ള ആളുകളോട് പറയുമ്പോൾ എനിക്കത് പ്രമാണീകരിക്കാനും എളുപ്പം കിട്ടാറുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കുക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 ധ്യാനാത്മകമായ നൂറ് ദിവസങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആത്മോപദേശത അദ്വൈത ദർശനത്തെ അതീവ ചാരുവായി അവതരിപ്പിക്കുന്ന ദർശനമാലയും എണ്ണമറ്റ ദേവതാസ്തുതികളും അത് നമ്മൾ കുറേയല്ല ഇവിടെ എടുത്തതാണെന്നോ മൈറൈറ്റ് കുറേ ഗ്രന്ഥങ്ങൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ ഇല്ലേ അനുകമ്പ ഇവിടെ എടുത്തതാണ് മറ്റേ ദേവീസ്തുതികളിൽ ഏ ഏ ആ എടുത്തതാണ് ഓരോ വർഷവും ഓരോന്ന് എടുത്തിട്ടുണ്ട് ഇതുമാത്രമാണ് നമ്മൾ മൂന്ന് പ്രാവശ്യമായതെന്ന് ഇത് വളരെ ശ്രദ്ധേയമാണ് ഏറ്റവും പ്രാചീനങ്ങളായ കൃതികളോട് വളരെ ബന്ധമുള്ള ഗുരുദേവന് ഈ കൃതികളിലെല്ലാം ഒരു സമന്വയത്തിൻ്റെ തന്ത്രം ഉപയോഗിക്കുന്നത് പൂർവാചാര്യന്മാർ പോയ ബന്ധാവിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് ശ്രീഹർഷൻ്റെ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 सुप्रतिष्ठित व्याख्य कृति भगवदगीता लौकिक युद्ध तुषार्थ रूपणय व्याख्यविंसूदानी वेद निर्देश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 കുറഞ്ഞ വാക്കിൽ അവതരിപ്പിച്ച് കടന്നു പോന്നിട്ടുള്ളത് ഭഗവത്ഗീതയിൽ പ്രാർത്ഥന പരമാർത്ഥ സത്യത്തെ ഉപദേശിച്ച് തേർവിട്ടു പോയവൻ പരമ്പൊരുൾ കൃഷ്ണനെക്കുറിച്ച് അത്രയും മതിയാകുമെന്ന് തോന്നുന്നു മുഴുവനാകാൻ ആ ഗുരുദേവൻ്റെ സമുജ്വല കൃതിയാണ് അദ്വൈതദീപിക അതിലെ പത്ത് ശ്ലോകങ്ങൾ നമ്മൾ എടുത്തു എങ്കിലും പുതിയ ആളുകളുണ്ടെന്ന് തോന്നുന്നു മുൻ ക്ലാസ്സുകളിൽ വരാത്തവരുണ്ടെന്ന് തോന്നുന്നു അമൈ റൈറ്റ് അതുകൊണ്ട് അതിലെ ഒന്നാം പദ്യം പ്രപഞ്ചം നാമരൂപമാണ് പ്രതിഭാവിഷയകമാണ് ഓരായുകിൽ ഉള്ളത് രായുകിൽ മിഥ്യയാകുന്നതുമാണ് അത് വേറിട്ടല്ല വിശ്വം അറിവാകുന്ന മരുവിൽ പ്രവാഹം പോലെയാണ് എന്ന് പറയുന്നു രണ്ടാം പദ്യത്തിൽ എന്ന ദൃഷ്ടാന്തത്തിലൂടെ കാര്യകാരണ അനന്യത്വം അവതരിപ്പിക്കുന്നു കാര്യവും കാരണവും രണ്ടില്ല ഏകമാണ് എന്ന അവതരിപ്പിക്കുന്നു പ്രപഞ്ചവും പ്രപഞ്ച ഏകമാണ് എന്ന് മൂന്നാമത്തെ പദ്യത്തിൽ ഗുരുദേവൻ സ്പഷ്ടീകരിക്കുന്നു ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ അറിവ് ഉണ്ടാകുന്നതുവരെ പ്രപഞ്ചമുള്ളൂ അറിവിൻ്റെ അനുഭവം വന്നാൽ വിശ്വവുമില്ല അതുണ്ടാക്കുന്ന അവിദ്യയുമില്ല വിശ്വത്തിന് अ विद्यू रत्मस्योले प्रपंच मिथ्यात्ते स्थाणुपुष ഉദാഹരണങ്ങളെ കൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള അദ്വൈതത്തിൻ്റെ സമീക്ഷയെ അറിഞ്ഞ് സ്ഥൂണാനിഖനനന്യായത്തിൽ തൂണിനെ കൂടുതൽ കുഴിച്ച് ബലപ്പെടുത്തുന്ന തലത്തിൽ അഞ്ചാം പദ്യം അവതരിപ്പിക്കുന്നു സത്യം അസത്യമെന്ന പ്രതീതികൾ മാറിപ്പോയാലും അധിഷ്ഠാനമുണ്ട് ശൂന്യമല്ല എന്ന് ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും മറ്റും സിദ്ധാന്തങ്ങളെ സൂക്ഷ്മമായി നിഷേധിച്ചുകൊണ്ട് അദ്വൈത ഭൂമികയെ ഉറപ്പിക്കുന്നു ആറാം പദ്യവും ഏഴാം പദ്യം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 ഭഗവത്ഗീതയ്ക്ക് വിസ്തൃതമായൊരു വ്യാഖ്യാനം വിരാട് പുരുഷ വർണ്ണനത്തിൽ അനന്തചതുർദശിയോട് ചേർത്താം പുരുഷസൂക്തം ആ വികാസം ഉണ്ടാകുന്നതിനുള്ള പന്ഥാവ് ആദ്യം കാമ്യകർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ്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 നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഒരു കാമ്യകർമ്മവും വലിച്ചെറിയരുത് വലിച്ചെറിഞ്ഞാൽ നിങ്ങൾക്കൊരു കാലത്തും ജിജ്ഞാസയുണ്ടാവില്ല ഒരു കാലത്തും സമാധാനവും ലഭിക്കില്ല കാമ്യകർമ്മങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് വന്നവയല്ല ജന്മജന്മാർജിതങ്ങളായി നിങ്ങൾ സംസാരിച്ച വാസനാജാലങ്ങളിൽ നിന്ന് വരുന്നതാണ്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 ആത്മവഞ്ചകരായിത്തീരുക എന്നുള്ളതാണ് പന്ഥാവ് ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു എന്ന് അഭിനയിക്കുകയും എന്നാൽ ഇതൊക്കെ രഹസ്യമായി വെച്ചുകൊണ്ടിരിക്കുകയും അത് ആത്മവഞ്ചനയാണ് കാമ്യകർമ്മങ്ങളെ നിഷ്കാമം അന്ന് ശ്രമിക്കുന്ന ഒരു ബൗദ്ധിക പാരമ്പര്യം പാശ്ചാത്യ രീതിയിൽ ഇന്ത്യയിൽ വളർന്നു കാരണമായി തീർന്നിട്ടുണ്ട് ആത്മയാഥാർത്ഥ്യത്തോടടുത്ത് നിങ്ങളുടെ കാമ്യകർമ്മങ്ങളെയെല്ലാം വിധി നിഷേധങ്ങൾ അറിഞ്ഞ് വിഹിതമായി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ വഴി അങ്ങനെ ചെയ്യുമ്പോൾ അവയിൽ വരുന്ന ജയാപജയങ്ങൾ എല്ലാ കാമ്യകർമ്മങ്ങളിലും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 ഗംഭീരമായി ഓർമ്മിച്ചിട്ടുള്ളത് അമ്പത്തിരണ്ടാം ശ്ലോകം രണ്ടാം അധ്യായം ഗീതയുണ്ടോ ഏതാ തുടക്കം പറഞ്ഞാൽ യേ മോഹകലിലം എന്നാണോ നോക്കി ആണോ യഥാകലിം ബുദ്ധിമുട്ടു തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യത അടുത്ത ശ്ലോകം ആ അപ്പോഴുണ്ടാകുന്ന തിപന്നാതെ സ്രൗതവിധിയനുസരിച്ച് വിധിയാം വണ്ണം കർമ്മങ്ങളെ ചെയ്തിട്ട് പരാജയം വരുമ്പോൾ ശ്രുതിവിപ്രതിപന്നനാവും ഈ ഒരു അനുഭവം കിട്ടിയാൽ മാത്രേ ആത്മലോകങ്ങളിലേക്ക് കയറാനാവും അവിടെ ചെറുപ്പത്തിൽ തന്നെ വിധിയാം വണ്ണം കാമ്യകർമ്മങ്ങളെ തന്നെ ചെയ്യുക അതിനിപ്പുറ ആരും എന്ന് പറഞ്ഞാലും ഇതൊക്കെ അങ്ങ് വലിച്ചെറിഞ്ഞ് നിഷ്കാമകർമ്മത്തിനൊന്നും ചാടി ഇറങ്ങണ്ട പക്ഷെ കാമ്യകർമ്മം ചെയ്യുമ്പോഴാലോചിക്കണം വേദവിധി അനുസരിച്ച് ചെയ്യണം നിഷിദ്ധകർമ്മങ്ങളൊന്നും ചെയ്യരുത് സ്നാനം നഗ്നം ച സമാശരേ തുടങ്ങിയുള്ള നിഷിദ്ധകർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കാം എന്നിട്ട് വേദവിധി അനുസരിച്ച് മര്യാദമസൃണമായി സ്വാധ്യായ പ്രവചനാദികളോടുകൂടി ചെയ്യുമ്പോഴും പരാജയം കഴിഞ്ഞു അപ്പോൾ ഒരു കാര്യം ഉറപ്പാവും അനുഭവമാവും ഇത് നിയന്ത്രിക്കുന്ന ഞാനല്ലാത്ത ഒരുത്തനുണ്ടത് അതുവരെ വേദാന്തമൊക്കെ അതിനു മുമ്പേ പഠിച്ചാൽ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഞാനാണ് എൻ്റെ കയ്യിലാണെന്ന ബോധവും അഹങ്കാരവുമേ വേദാന്തത്തിൽ പോലും ഉണ്ടാവും വിനയം വരില്ല വിനയം വന്നില്ലെങ്കിൽ ഒരു ചുക്കും ചുണ്ണാമ്പും മനസ്സിലാവില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ല നിങ്ങക്ക് എന്നോട് ദേഷ്യം വരും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 മായി പാരമ്പര്യ മര്യാദയിൽ മനസ്സിലാക്കിക്കൊള്ളുക കാമ്യ കർമ്മങ്ങളെ വിധിയാം വണ്ണം ചെയ്യുക എല്ലാം ശരിയാകുമ്പോഴും പരാജയപ്പെടുക ഇതൊന്നും ശരിയാത്ത ആകാത്തപ്പോൾ പോലും വിജയിക്കുക അപ്പൊ ശ്രുതി വിപ്രതിപന്നത്വം ഉണ്ടാവും അപ്പൊ ബുദ്ധി ഒരിടത്ത് നിൽക്കാൻ വാസനയറ്റ അന്ധക്കരണ വിശുദ്ധി അനിവാര്യമായി തീരും അപ്പോൾ നിങ്ങള് സ്വാഭാവികമായി കാമ്യം നിലയ്ക്കും കാമ്യം എതിർക്കുമെന്നല്ല ഞാൻ പറഞ്ഞു കാമ്യമൊക്കെ ഉപേക്ഷിക്കുമെന്നുമല്ല ഞാൻ നിങ്ങളുടെ അന്ധകരണത്തിന് നിരന്തരമായ ഒരു ശുദ്ധി പ്രക്രിയ വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിശ്ചലമാകാൻ തുടങ്ങും ബുദ്ധി നിശ്ചലമാകും യഥാസ്ഥാസ്യതി നിശ്ചല അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടയനെ കാണും അവനായി ഇടയൻ മനസ്സിലായില്ല ഇപ്പം നിങ്ങൾക്ക് ഇടയനെ കാണാൻ പറ്റില്ല പശുവിനെ കാണാം പശുവിൻ്റെ എണ്ണൻ കൂടുതലായതുകൊണ്ട് ഇവ തമ്മിൽ കുത്തിമറിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയാണ് അവനെയും ഗോപമുരളിയും ഊതി നിൽക്കുന്നതെന്ന് കാണാനേ കഴിയില്ല ഇരുവൃത്തികൾ തന്നിട കറിവിൻ മുട്ടി മാറ്റിലിരിക്ക കാരണം മറയോരിടയത്തം അങ്ങയിൽ പരി കൽപ്പിച്ചത് യുക്തി യുക്തമാം എന്ന് വിദ്യാനന്ദൻ വൃത്തികളാകുന്ന പശുക്കൾ അതിൻ്റെ ഇടയിൽ ശ്രുതിമുരളീരവമൂതി നിൽക്കുന്ന ഇടയർ ഇവനെ കാണുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയൊന്ന് നിശ്ചലമാകാൻ തുടങ്ങും ഇതിനെ നിങ്ങൾക്ക് ഭക്തിയെന്നോ ജ്ഞാനമെന്നോ വൈരാഗ്യമെന്നോ ഒക്കെ വിളിക്കാം ഏത് നിങ്ങൾ വിളിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല അങ്ങനെ ബുദ്ധി നിശ്ചലമാകാൻ തുടങ്ങുന്നത് അന്ധക്കരണ വിശുദ്ധിയിലാണ് അപ്പോൾ നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു അതൊന്നും നിങ്ങൾക്കു വേണ്ടിയല്ല അവൻ്റെ കൈകര്യത്തിനായിക്കൊണ്ട ഇപ്പം നിങ്ങൾക്കൊന്നറിയാം നിങ്ങളെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും അവനാണ് അതല്ലാതെ നിങ്ങൾക്ക് വേണ്ടി വേണ്ടി മക്കൾക്ക് വേണ്ടി ധനത്തിനു വേണ്ടി ഒക്കെ പണിയെടുത്തിട്ട് ഞാനെല്ലാം ഈശ്വരന് വേണ്ടിയാണെന്ന് കള്ളൊന്നും പറയില്ല ഞാൻ എനിക്ക് വേണ്ടി പണിയെടുക്കുകയാണെന്ന് പറഞ്ഞ് എടുക്കുക തകരും അന്ന് മനസ്സിലാക്കിയിട്ട് പറയുക ഞാൻ ആ പണി നിർത്തി നിർത്താതെ പറ്റില്ലാതോ അതുവരെ നിങ്ങൾ പണിയെടുക്കുക ഇത് മനസ്സിലായോ എന്നറിയില്ല ഇവിടെ എത്തുമ്പോൾ ജ്ഞാനം കൈവന്നവർക്ക് ചില സ്വഭാവമുണ്ട് അവരെയാണ് ഗുരുദേവൻ ഒമ്പത് പത്ത് പതിനൊന്നോ ശ്ലോകങ്ങളിൽ അവതരിപ്പിക്കുക ശ്ലോകം ഒമ്പതും പത്തും എടുത്തതാണ് ിത്തുസുഖസ്വരൂപം ആനന്ദമല്ല അനൃതമജ്ഞനിതപ്രകാശം കാണുന്നവന് സുഖമസ്തി ഭനു മാനർക്കനന്ദനിലുളർന്നൊരു ശൂന്യവസ്തു സത്സുഖസ്വരൂപം ആനന്ദമല്ലുസുഖമസ്തയർന്ന ൻ അന്ധന ഇരുളർന്നൊരു ശൂന്യവസ്തു ജ്ഞാനിക്ക് ഉലക് സത്ത് ചിത്ത് സുഖസ്വരൂപമാനന്ദം അജ്ഞന് അനുതം അപ്രകാശം കാണുന്നവന് സുഖമസ്ഥിതയാർമ്മ ഭനുമാനർക്കൻ അന്ധന് ഇരുളാർമ്മ ശൂന്യവസ്തു ജ്ഞാനിക്ക് ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ ഇന്ദ്രിയാധിദേവതകളെല്ലാം ജ്ഞാനവുമായി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 അവിടെ എനിക്ക് പ്രകടമാകണം എന്നാഗ്രഹം വരും ജനിപ്രാദുർഭാവം എനിക്ക് ജനിക്കണമെങ്കിൽ ജായ വേണം അപ്പോഴാണ് ജായാമേ സ്യാത പ്രജാം പ്രജായേയ എന്ന ഉള്ളിൽ തോന്നൽ വരും അത് കഴിഞ്ഞാൽ വാസനയിൽ കർമ്മങ്ങൾ ആവിർഭവിക്കും അപ്പം തോന്നും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 ഈ ആഗ്രഹം ഉദിച്ചത് മുതൽ ഇന്ദ്രിയങ്ങളും അതിൻ്റെ അതിദേവതകളും ഒന്നും അകത്തേക്ക് തെളിയില്ല പുറത്തേക്ക് തെളിയി വിഷയങ്ങളിൽ നിന്ന് വിഷയങ്ങളിലേക്ക് അതിൻ്റെ വളർച്ചയെ അറിവായി ധരിക്കും അതിനെ ഭാരതം അറിവില്ലായ്മ എന്ന് വിളിക്കും പാശ്ചാത്യം അറിവെന്ന് വിളിക്കും എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങളുണ്ടാക്കുന്ന സ്പന്തമാത്രകളെ പഠിച്ചും പഠിച്ചും പഠിപ്പിച്ചും ജന്മം കളയുമ്പോൾ അറിവുണ്ടാകുന്നുവെന്ന് പാശ്ചാത്യദർശൻ എത്ര കണ്ട് ആദിമരൂപമായ ആത്മപ്രകാശത്തിലേക്ക് ത്യജിച്ച് ത്യജിച്ചെത്താൻ കഴിയും എന്നന്വേഷിക്കുന്നത് ഭാരതീയ ദർശനം ഇത് രണ്ടും സമന്വയിക്കാമെന്നാണ് നമ്മുടെ മാനേജ്മെന്റ് ഗുരുക്കന്മാർ പറയുന്നത് ഇരുട്ടും വെളിച്ചവും എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ ആലോചിച്ച് നടത്തുകയുള്ള ഇത് രണ്ട് വിപരീത ബന്ധാക്കളാണ് പക്ഷേ ഇത് തന്നിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നുള്ളത് കൊണ്ട് അതിനെ നിഷേധിച്ചും എത്താൻ പറ്റില്ല അവിടെയാണ് ഭാരതീയ ദർശനത്തിൻ്റെ മഹിമാവ് കിടക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു നിൻ്റെ മനസ്സും വാക്കുമിണചേർന്നുണ്ടാകുന്നതാണ് വത്സ ഈ പ്രപഞ്ചം അത് നിൻ്റെ രണ്ടാമത്തെ ആത്മാവ്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 അതുകൊണ്ടാണ് ഭാരതം ബഹുദൈവാരാധനയൊക്കെ ഉള്ളതാണെന്ന ആളുകൾ പറയുന്നത് കാരണം ബഹുദൈവങ്ങളാ ഉള്ളത് ആ വാസനാചാരങ്ങൾ രൂപാന്തരപ്പെട്ട് നിൽക്കുന്നവനും നിൽക്കാത്തവനും ഞാനി നിൽക്കുന്നവൻ ഈ വാസനകളൊന്നും കളിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ അതിദേവതകൾ സമസ്തവും അന്തർമുഖമാണ് ഒളി മുതലമ്പഴമുണ്ട് നാറുന്നളികയിലേറി നയന മാറിയാടും കിളികളെ അഞ്ചുമരിഞ്ഞു കീഴ്മറിക്കും തിരൂരുവേന്തിയകം വിളങ്ങിടേണം അതിനിതാ പണി ഗുരുദേവൻ ഈ പണി ചെയ്തതാണ് ഈ പണി ചെയ്യാനാണ് നമ്മളോട് പറയുന്നത് ശബ്ദം സ്പർശം മുതലായ വിഷയങ്ങൾ ളി മുതലായ അഞ്ചു പഴങ്ങളുണ്ട് നാരുന്ന ശരീരത്തിൽ മാറി മാറിക്കളിക്കുന്ന അഞ്ച് കിളികളെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളിലൂടെ വാസനാമയങ്ങളായ വിഭിന്ന പ്രഭാ കളിക്കുന്ന ഇന്ദ്രിയങ്ങളെ അഞ്ചിനെയും അലിഞ്ഞ് കീഴ്മറിക്കുക പുറത്തേക്കിരിക്കുന്നതിനെ അകത്തേക്കാക്കുക ധീര ഏതോ ഒരു ധീരനായി ഇത് ചെയ്തതെന്നാ പറയുന്നു പ്രത്യേകാത്മാനമൈക്ഷവൃത്ത ചു അമൃതത്വമിച്ഛൻ കടം സ്വയംഭൂപുടത്തേക്ക് വെച്ചതായി സാർ അങ്ങനെ അന്തർമുഖത്വം കൊണ്ട് സത്യം കണ്ടാൽ ജ്ഞാനിക്ക് നിത്യാ നിത്യവിവേകം വന്ന് ലോകം അസത്താണെന്നും സത്ത് ആത്മാവാണെന്നും നിത്യമതാണെന്നും ബോധ്യപ്പെട്ട് കഴിഞ്ഞ് ആ സത്തഏകമായ അദ്വയമായ ആത്മാവ് തത്വനിരൂപണത്തിൽ വ്യാകൃതമായിത്തീർന്ന് വികാരം കൊണ്ട് ഉണ്ടായതാണ് ഉലകയെന്ന് അറിയുകയും ആ സദ്വസ്തു തന്നെയാണ് ചിത്തജ്ഞാനമെന്നും ഇന്ദ്രിയഗോചരമായി കാണുന്ന സജലത്തിലും സുഖം എന്ന് വിചാരിക്കുന്നത് അതിൻ്റെ സുഖമല്ലെന്നും അത് ആത്മസുഖമാണെന്നും സുഖം ആനന്ദത്തിൻ്റെ സ്ഫുലിംഗം മാത്രമാണെന്നും ിയ ഗോചരമായ ലോകത്ത് നിന്ന് എന്തു സുഖം ലഭിക്കുമ്പോഴും അതാണ് സുഖം തന്നത് എന്നോർത്ത് അതിനെ മാനിച്ചതിൻ്റെ പിന്നാലെ പോകാതെ പോയാൽ അടി കിട്ടും അടി കിട്ടുമ്പം മനസ്സിലായാൽ എളുപ്പമാണ് ഭാര്യ സുഖമാണ് എന്നു പറഞ്ഞ് ഭാര്യയുടെ പിന്നാലെ കുറേ കാലം കഴിഞ്ഞു ഒരു ദിവസം മനസ്സിലാക്കി ഇവളത്ര സുഖമൊന്നും അല്ല അന്ന് പിന്നെ നാട്ടുകാരോടൊക്കെ ഇവളുടെ കുറ്റം പറഞ്ഞ ഇത് തൻ്റെ ആത്മാവ് അവളിൽ പ്രതിബിംബിപ്പിച്ചത് പ്രിയം ഹേതുവായിട്ടാണെന്നും അസ്ഥിഭാതി പ്രിയങ്ങളിലെ പ്രിയം കൊണ്ടാണ് അവളാകുന്ന കണ്ണാടിയിൽ ആ പ്രിയം വന്ന സമയത്ത് തൻ്റെ പ്രതിബിംബം തെളിഞ്ഞുണ്ടായതെന്നും അത് കണ്ട് മോഹിച്ചാണ് ഇവള് സുഖമാണെന്ന് വിചാരിച്ചതെന്നും ിയം മാറി അപ്രിയം വന്നപ്പോൾ പ്രതിബിംബം കാണാതെ വന്നുവെന്നും അപ്പോൾ ഇവൾക്ക് തന്നോട് പ്രിയമില്ലെന്നും ഒക്കെ തോന്നി അതുകൊണ്ടാണ് ഇപ്പൊ അവളുടെ കണ്ണാടിയിൽ വേറെ ബിംബം ഉണ്ടാകാൻ തുടങ്ങിയത് ഇതുപോലെ നിങ്ങളുടെ വിഷയ വിഷയം പ്രതി ഈ ബിംബ പ്രതിബിംബം ഉണ്ടാകും ബോധമുള്ളവനെ ഇത് അറിയുള്ളൂ ഇത് നല്ലതാണ് ഇത് പ്രിയമാണ് ഇത് ഉള്ളതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാം നിങ്ങളെ നേരിടാം എന്നൊക്കെ വിചാരിച്ച് ഇതിലെൻ്റെ പ്രതിബിംബം പ്രിയമായിരിക്കുമ്പോൾ ഇത് ചാരുവായിരിക്കുമ്പോൾ സുഖമാണ് ഇത് കറണ്ട് അങ്ങ് പോയാൽ ഇത് വർക്ക് ചെയ്യാതായാൽ ഇതിലെൻ്റെ പ്രതിബിംബം വീഴില്ല അപ്പോൾ ഈ സാധനം എടുത്ത് വലിച്ചെറിയുകയും ഇതെങ്ങനെയാണെന്ന് പറയുകയും എന്നും എല്ലാം ഇങ്ങനെയാണ് മനസ്സിലായില്ല ഇത് പ്രിയം പ്രതിയാണ് അസ്ഥിഭാതി പ്രിയം അതനുസരിച്ച് വരുന്ന സച്ചിതാനന്ദം ഇതറിഞ്ഞാനിക്ക് ഈ പ്രപഞ്ചം സുഖസ്വരൂപമാണ് ലോകത്തെ ആനന്ദമായി അനുഭവിക്കുന്നത് ജ്ഞാനികൾ മാത്രമാണ് അജ്ഞാനിക്ക് ലോകാനുഭവമില്ല തെറ്റിദ്ധാരണയൊന്നും വേണ്ട ലോകാനുഭവത്തിനാ ഉഴറി ഓടുന്നത് ലോകാനുഭവം അജ്ഞാനിക്കില്ല ലോകാനുഭവം ഈശ്വരൻ തന്നെയാണെന്ന് അറിയുന്നത് ജ്ഞാനിയാണെന്ന് അങ്ങനെയാ ഗുരുദേവനത് അവതരിപ്പിച്ചിരിക്കുന്നത്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 വികാരമായി വ്യാകൃതമായി തീർന്നതാണ് ഈ ദൃശ്യ പ്രപഞ്ചം കാര്യകാരണങ്ങളൊന്നാണ് എന്ന് നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ പ്രപഞ്ചം ഈശ്വരൻ തന്നെയാണ് ഞാനിക്ക് അതുകൊണ്ട് ഞാനീ സച്ചിദാനന്ദത്തിലാണ് അജ്ഞൻ സുഖദുഃഖങ്ങൾ മാറി മാറി അനുഭവിക്കുന്നവനാണ് അപ്പം അതിൻ്റെ സ്വരൂപ ദർശനം അതിൻ്റെ ഹേതു ദർശനം വിശ്വത്തിൻ്റെ ഹേതുസ്വരൂപം വിശ്വാനുഭവത്തിൻ്റെ ഫലം മൂന്നും ഏകത്ര ചേരുന്നത് ജ്ഞാനിയിലാണ് അതാണ് ഗുരുദേവൻ നേരത്തെയും പറഞ്ഞു ഇത് പരമാവധി പരമാവധി നേരത്തെ പഠിച്ചതാ പരമാവധി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാ ബോധമത്രയെ മറിച്ച് നോക്കി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 അവയും പുനരുറ്റുനോക്കിയാൽ അവഭാസിക്കും അഖണ്ഡബോധമായി ശ്ലോകം വിദ്യാനന്ദന്റെയാണ് ശങ്കരദർശനത്തിൻ്റെ മഹിമാവിനെയാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് കഷ്ടിച്ച് അതിനടുത്തവരെയൊക്കെ പ്ലാന്കും കൂട്ടരും ഒക്കെ എത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം സപ്രപഞ്ചപരിഗണനയിലൂടെ ഭാരതീയിലെത്തിയത് നിഷ്പ്രപഞ്ച പരിഗണനയിലൂടെയും സപ്രപഞ്ച പരിഗണനയിലൂടെയും ഒരുപോലെയാണ് ഭാരതീയാചാര്യന്മാപഞ്ച പരിഗണനയിലൂടെ ആധുനിക ശാസ്ത്രം ഇതിൻ്റെ അടുത്തെത്തി ക്വാണ്ടത്തിലെത്തി കഷ്ടിച്ച് ഇത് കോൺഷ്യസ്നെസ് ആണ്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 രണ്ട് ദീപങ്ങൾ ഒന്നിക്കുന്നത് പോലെ രണ്ട് സമുദ്രങ്ങൾ ഒന്നിക്കുന്നത് പോലെ ആവിലായിലെ തെരേസയും നിജ നിജയിലെ ഗൃഹറിയും ഒക്കെ കണ്ടത് അങ്ങനെയാണ് ഭാവാതീതന്മാർ ആ കാഴ്ച ശാസ്ത്രകാരൻ ഉണ്ടാവില്ല കാരണം അവന്റെ പണി ഹിംസാത്മകമാണ് അതുകൊണ്ട് അനുഭൂതി കിട്ടില്ല അപ്പൻ പറഞ്ഞ പോലെ എം ബി അപ്പൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബോട്ടാണിസ്റ്റിന്റെ കയ്യിലേക്ക് ഒരു പൂ പറ കൊടുത്തി അവനതിന്റെ സത്ത് കണ്ടെത്തുവാൻ അവൻ്റെ മനസ്സിലേക്കല്ല നോക്കുക പൂവിലേക്കാ നോക്കുക ആമായി എന്നിട്ട് അതിന്റെ കാലിക്സ് കൊറോള സ്റ്റേമൻസ് പിസ്റ്റല് അല്ലിയും മുറിച്ചൊന്നൊന്നായി പരീക്ഷിച്ചാൽ പുഷ്പത്തിന് മുതും യും വജ്രം ഈ പണി ചെയ്യുന്നവനെയാണ് നിങ്ങൾ ശാസ്ത്രകാരൻ എന്ന് വിളിക്കുന്നത് മനസ്സിലായില്ല നിങ്ങളിലെ നശീകരണ ബുദ്ധി മുഴുവൻ സജീവമായി തീർന്ന് സകലതും നശിപ്പിച്ചെടുക്കുന്ന പ്രക്രിയയെ ശാസ്ത്രമെന്നും സാങ്കേതിക വിദ്യയെന്നും കവിതയെന്നും ഒക്കെ നിങ്ങൾ വിളിക്കുന്നു അപ്പൻ ഹൃദയഭേദകമായി എഴുതിയിട്ടുണ്ട് അല്ലിയും മുറിച്ചൊന്നൊന്നായി പരീക്ഷിച്ചാൽ പുഷ്പത്തിൻ മു നിർത്ത് ഒന്നിന്റെ സ്വരൂപം നഷ്ടപ്പെടുത്തുന്ന ഹിംസാത്മകമായ പഠനമൊക്കെ നിർത്തി വിനയ ശ്രീലാളിതന്മാരായി മര്യാദ കാണുന്ന വസ്തുവിലേക്ക് പഠിക്കാൻ പോകാൻ എളുപ്പത്തിൽ ആ വസ്തുവിനെ കണ്ട കാഴ്ചയുണ്ടാക്കിയ വാസന ഏതാണോ അതുവഴി തൻ്റെ ഉള്ളിലേക്കും എല്ലേ ഒന്ന് അപ്പോൾ പ്രകാശിച്ചു കാണും വസ്തു കളയണ്ട അങ്ങനെയായി എണ്ണമറ്റേ ആയുർവേദവും ദർശനവും അതും ഇതുമൊക്കെ കണ്ടുപിടിച്ചത് അല്ലാതെ ഇവരുള്ള ഗിരിപ്പന്നിയെ കൊന്നും വെള്ളലിയെ കൊന്നും മനുഷ്യനെ കൊന്നും എന്നും അല്ലപ്പോ ഇനി അങ്ങനെ കൊന്നൊക്കെ ആയുർവേദം കൊടുക്കാവൂന്ന് നിയമം വരാൻ പോവുകയാണ് വിവരദോഷികളിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ വരും രണ്ടായിരം വർഷത്തിന്റെ അനുഭവമുള്ള സാധനം വരെ അനുഭവം വെടിഞ്ഞ് പരീക്ഷിക്കണം എന്നുള്ളിടത്താണ് ഇരു നിൽക്കുന്നത് പ്ലാങ്ക് പറഞ്ഞതിനപ്പുറത്ത് ശങ്കരൻ പറയും ഈ പ്രകാശം ആത്മപ്രകാശം ഈ കോൺഷ്യസ്നെസ് എത്രയാ ഇതിൻ്റെ വലിപ്പം നിങ്ങളുടെ ജ്ഞാനശക്തി എത്രയോ അത്രയും ചിദ്രൂപം എത്രയോ അതാണ് അതിൻ്റെ പരമമായ അവധ്യം അതറിഞ്ഞിട്ടാ പറഞ്ഞ് ഓരോരുത്തൻ്റെയും വാസന ഒതുക്കി വെക്കുന്ന ജ്ഞാനത്തിനനുസരിച്ച് കാര്യം മനസ്സിലാവും അതാണ് അധികാരി ഭേദം എല്ല എല്ലാവർക്കും മനസ്സിലാവില്ല എങ്ങനെ ലളിതമാക്കിയാലും എങ്ങനെ പഠിപ്പിച്ചാലും എങ്ങനെ ഉദാഹരണങ്ങൾ പറഞ്ഞാലും മനസ്സിലാവില്ല ചിദ്വിലാസം എത്ര അത്രയും നിങ്ങൾക്കറിയാം കാരണം നിങ്ങളിലൊരു ചിദ്വിലാസിനിയുണ്ട് നിങ്ങളുടെ ജ്ഞാനം വിലാസമായി തീർന്ന ഒരു വഴിയിൽ ഇപ്പോൾ ഉണ്ട് അതാ ഇതിൻ്റെ പരമാവധി അപ്പോൾ ആ പരമമായ അവധി വെച്ചുകൊണ്ടാണ് ശങ്കരനും മറ്റും ഇത് പറഞ്ഞത് അത് അജ്ഞാനിയായവന് എങ്ങനെ സൂര്യൻ കണ്ണുള്ളവന് പ്രകാശിക്കുമ്പോൾ കണ്ണില്ലാത്ത അന്ധന് ഇരുളാർന്ന ശൂന്യം എന്ന് തോന്നുന്ന പോലെ അപ്പൊ വസ്തുവിനെ കാണുന്നത് ഉള്ളിലെ പ്രകാശം അത് കത്തിയിട്ട് വരുന്ന മനഃപ്രകാശം ജഡമായ മനസ്സ് പ്രകാശിക്കുക സങ്കല്പവികൽപ്പങ്ങൾ അതിൻ്റെ പ്രകാശത്തിൽ അതിൽ തട്ടി വരുന്ന പ്രകാശത്തിൽ ഇന്ദ്രിയങ്ങൾ പ്രകാശിക്കുക അതിൻ്റെ ബുദ്ധി പ്രകാശിക്കുക അതിലൂടെ പ്രപഞ്ചബോധമുണ്ടാവുക അല്ലാതെ പ്രപഞ്ചം ഉള്ളതുകൊണ്ട് കാണുകയല്ല നിങ്ങൾക്ക് പ്രകാശവും വാസനയും ഉള്ളതുകൊണ്ട് പഞ്ചീകരിച്ചു പ്രപഞ്ചം ഉണ്ടാക്കുകയാണ് ഓരോരുത്തൻ്റെയും പ്രപഞ്ചം ഓരോന്നാണ് ഇത്രയും ക്ലിയറായോ ആവും ഏ നിഷ്പ്രപഞ്ച പരിഗണന എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമില്ലാത്തതാണെന്ന് ചിലർക്ക് ആദ്യം തന്നെ തോന്നും അവരെല്ലാം നേതീ നേതീയെന്ന് പറയും അങ്ങനെ എത്തുന്നതും ചിലർക്കാണെങ്കിൽ പ്രപഞ്ചം ഉള്ളതാണെന്ന് തോന്നും അവർ ഇതി ഇതി എന്ന് പറഞ്ഞ് പോകും അതാണ് സപ്രപഞ്ച രണ്ട് ചിന്താധാരയാണ് മനസ്സിലായി പാശ്ചാത്യ ലോകം ഇതിലെ ഒരു പരിഗണനയെ മാത്രം വെച്ചുകൊണ്ടാണ് പോലെ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 അങ്ങനെ പോകുന്നതാണ് സപ്രപഞ്ച പരിഗണന എല്ലാം നീ തന്നെയാണ് ഒന്നിനെ നിഷേധിക്കാതെ മനസ്സിലായി രണ്ട് പന്ത്രവിലൂടെ നിങ്ങൾ എത്തിയാലും ഒരു മാനബിന്ദുവിലേ എത്തുകയുള്ളൂ അടുത്ത ശ്ലോകം ഒരുമാതിരി നന്നായി മനസ്സിലായി വിചാരിക്കുന്നു അർദ്ധാന്തരം ചെറുതുമില്ല വിശേഷമായി രജുസ്വരൂപമറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിതു വേറൽ വിത്തൊന്നു താൻ വിവിധമായി വില സിനിങ്ങൽ അർദ്ധാന്തരം ചെറുതുമില്ല വിശേഷമായി രജ്ജുസ്വരൂപമറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിത് രജ്ജുവിൽ നിന്നുവേറോ വിത്ത് ഒന്നുതാൻ ആ ഒരേ വിത്ത് വിവിധമായി ലസുന്നു ഇതിങ്കിൽ അർത്ഥാന്തരം ചെറുതും വിശേഷമായി ഇല്ല രജ്ജുസ്വരൂപം ഇരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിത് രജ്ജുവിൽ നിന്നു വേറോ വളരെ ക്ലിയറായി ലളിതമായി കാര്യം പറഞ്ഞിരിക്കുക വിത്ത് ഒന്നേ എല്ലാത്തിൻ്റെയും സത്ത ഏകമാണ് അദ്വൈതാനുഭവം എന്ന് പറയുന്നത് അതാണ് വേറെ വേറെയായി കാണുന്നു എങ്കിൽ അദ്വൈതാനുഭവമില്ല എല്ലാ ജീവസത്തയും ഏകമാണ് ഇത് തെറ്റിദ്ധരിച്ചിട്ട് ചിലപ്പം നാളെ പോലെ നിങ്ങൾ വീട്ടിലുള്ള പട്ടിയോടൊപ്പം കിടക്കും അത് അദ്വൈതല്ല ആരെങ്കിലും അങ്ങനെ കിടന്ന് കണ്ടാൽ അദ്വൈതമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും അതും അദ്വൈതമല്ല കാരണം അത് വാസനയാണ് അ വേർപെടുത്തുന്നത് ആ വാസന മാറ്റിയിട്ടുള്ള സാധനമാണ് സത്ത അജ്ഞാനത്തിലിതെല്ലാം വേറെ വേറെയാണ് ക്രിയകളെല്ലാം അജ്ഞാനത്തിലാണ് ജ്ഞാനത്തിൽ ഒരു ക്രിയയുമില്ല പ്രപഞ്ചം സക്രിയമാകുന്നിടത്തെല്ലാം സ്വേച്ഛയാൽ പരേച്ഛയാൽ അനിച്ഛയാൽ അജ്ഞാനമുണ്ട്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 നാളെ ഇങ്ങോട്ട് എഴുന്നള്ളയണമേ ഇതൊക്കെ അങ്ങ് തുടച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സകലായുധങ്ങളാകുന്ന ജ്ഞാനത്തോടും കൂടി ചിലപ്പോൾ ചിലരിങ്ങി വരും അവർക്ക് യാതൊരു ഇച്ഛയും ഈ പ്രപഞ്ചത്തിലില്ല പക്ഷെ അവർക്ക് പരേച്ഛയുണ്ട് അവർ പ്രവർത്തിക്കുന്നത് മുഴുവൻ അന്യൻ്റെ ഇച്ഛ അത് സമഷ്ടി ഇച്ഛയിലാണ് മനസ്സിലായി അത്തരം ആളുകൾ ലോകത്തുണ്ട് നിങ്ങളുടെ ഇടയിലൊക്കെ ചിലപ്പോൾ കാണും നമ്മളെന്നൊക്കെ പറഞ്ഞെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ അത്തരം ഒരു മഹാപുരുഷൻ വെറുതെ ഒന്ന് പരീക്ഷിക്കാൻ വന്നിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ അംഗീകരിച്ചില്ല എന്ന് തോന്നണ്ട ചിലരങ്ങനെ പരേച്ഛയിൽ ജീവിക്കും യാതൊരു സ്വന്തം ഇച്ഛയുമില്ല ഒന്നും ആവശ്യമില്ല നമേ വാർത്താസ്തി കർത്തവ്യം ൃുലോകേ കിഞ്ചനവാത്തമ്യം വർത്തേവ ചർമ്മി അവരെ ഈ അടിച്ച് പൊളിച്ച് ജീവിക്കുക എന്നൊക്കെ നിങ്ങൾ പറയില്ലേ അതാ കൂട്ടരാ അവർക്കാണ് ഈ ആനന്ദമൊക്കെ അറിയുന്നത് അവർക്ക് ഒരു ഇച്ഛയില്ല ആരുടെ ഇച്ഛയും സമഷ്ടി ഇച്ഛയ്ക്ക് അനുഗുണമാണോ അതവരുടെ ഇച്ഛയാണ് അവർ കയറി ഭാരതം ഇപ്പോൾ അത്തരം ഒരാളെ കാത്തിരിക്കുന്ന സമയമാണ് ഭരണത്തിലും മറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ദിവ്യൻ ആളോ അന്ന് നിങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തും അത്ര കണ്ട് അതിക്രമങ്ങളായി അഴിമതിയും അക്രമമുഖയായി ശരകൻ പറയുന്ന ജനപഥ്വംസന രംഗത്തെത്തി കഴിഞ്ഞു സകലതും ദുഷിച്ച് കഴിഞ്ഞു മുഴുവൻ ദുഷിച്ചു ഇനി അത്ര ജനാധിപത്യത്തിന് പോലും ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അത്രയായി ആ രീതിയിലാവുമ്പോൾ ജനം പ്രാർത്ഥിക്കും അപ്പോൾ സമഷ്ടിയുടെ ബോധം കാരണം അതിന് ചെയ്യാൻ വേണ്ടാത്ത ഒന്നുമില്ല കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭാരതീയ നിർവചന പ്രകാരം കർത്തും അകർത്തും അന്യഥാകർത്തും സമർഥ മനസ്സിലായില്ല ചെയ്യാൻ കഴിയുന്നത് ചെയ്യാതിരിക്കാൻ കഴിയുന്നവൻ വേറൊരു വിധത്തിൽ ചെയ്യാൻ കഴിയുന്നവൻ ചെയ്യുക ചെയ്യാതിരിക്കുക മറ്റൊരു വിധത്തിൽ ചെയ്യുക പ്രതീക്ഷിക്കുന്ന പോലല്ലാതെ ചെയ്യാൻ കഴിയുക ഇവനെയാണ് ഈശ്വരൻ വിളിക്കുന്നത് ആ വിഭൂതിയുള്ളവനൊക്കെ അങ്ങനെയാണ് പെരുമാറുക ഇവൻ എങ്ങനെയാ ചെയ്യുക എന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ചെയ്യും അപ്പം വളരെ നല്ലവനായിരിക്കും സൽഗുണസമ്പന്നനായിരിക്കും എല്ലാം തകഞ്ഞവനായിരിക്കും ചിലപ്പോൾ ചെയ്യാതിരിക്കും ചിലപ്പോൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലാതെ ചെയ്യും ഇതാണ് പരേച്ഛയുടെ പ്രത്യേകത അത് പരേച്ഛാ പ്രാരമാണ് മറ്റ് ചിലതുകൊണ്ട് പ്രളയവും സൃഷ്ടിയുമൊക്കെ എടുക്കുമ്പോൾ ഉത്തരദായിത്വം കൊണ്ടുവരുന്ന അനിച്ഛാ പ്രാരമാണ് മന്നുന്തരാധീശന്മാരും ഒക്കെ അങ്ങനെ വരുന്നവരാണ് വ്യാസാദികളൊക്കെ അങ്ങനെ വരുന്നവരാണ് ഇപ്പം സ്വേച്ഛ പരേച്ഛ അനിച്ഛതിലൂടെയൊക്കെ വരും അവരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളതൊക്കെ വാസനയിലാണ് ഉണ്ടാകുന്നത് സ്വേച്ഛയിലാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാവുമ്പോൾ ആ സ്വേച്ഛാവാസന കൊണ്ട് പശുവായി പട്ടിയായി പൂച്ചയായി ഒക്കെ പോയത് വാസനയിൽ വേറെ വേറെയാണ് അതുകൊണ്ട് ഒന്നാണെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ ഇന്ന് പൂച്ച എടുത്ത് മടി വെച്ചിൽ ആളിക്കരുത് കുറച്ച് കഴിയുമ്പോൾ മക്കൾക്കൊക്കെ ടോക്സോപ്ലാസ്മോസിസ് ഒക്കെ ഉണ്ടാവും കുട്ടിയുണ്ടാവാതെ കാരണം അതിൽ അതിൻ്റെ ദേഹത്തൊക്കെ ചില അണുക്കളുണ്ട് അത് നിങ്ങളുടെ ഉള്ളിൽ കയറും ഗർഭാശയത്തിലേക്കൊക്കെ പ്രവേശിക്കും അത് പുരുഷ തിന്നു നശിപ്പിക്കും അപ്പോൾ സ്വാമി പറഞ്ഞിട്ടാണ് ഞങ്ങൾ അദ്വൈതികളായി പോയിട്ടാണ് ഈ ഗതിയേട് പറ്റിയത് എന്നൊന്നും കാരണം അത് വാസനയുടെ വ്യത്യാസമാണ് വാസനാ വ്യത്യാസമുള്ളവ ക്രിയ അജ്ഞാനമായതുകൊണ്ട് അജ്ഞാനത്തിൻ്റെ മര്യാദകളാണ് ക്രിയയിൽ അനുഷ്ഠിക്കേണ്ടത് ജ്ഞാനത്തിൻ്റെ മര്യാദകളല്ല സക്രിയ വേദാന്തം എന്നൊക്കെ എളുപ്പമാണ് മനസ്സിലായില്ല അങ്ങനെയല്ലേ നിങ്ങൾ പറയുക അദ്വൈതം പ്രയോഗത്തിൽ ഈ സാധനമില്ല ഇത് അനുഭൂതിയിൽ മാത്രമുള്ളതാണ് അതുകൊണ്ട് പോയി പട്ടിയേയും പൂച്ചയും ഒന്നായിട്ട് കണ്ടു അതിൻ്റെ ആത്മതലത്തിൽ ജ്ഞാനതലത്തിൽ ഇതെല്ലാം ഒന്നാണ് അതാണ് ശങ്കരന്റെ മഹിമ ശങ്കരൻ തെറ്റിദ്ധരിപ്പിച്ചില്ലാരി പാവാദ്വൈതം സദാ കുരിയാത്ര അതുകൊണ്ട് പോയി പതിവായിട്ട് കുളിക്കുകയും ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിർത്തി പട്ടി കുളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കുളിക്കാതെ അതിന്റെ കൂടെ കയറി കിടന്നിട്ട് അദ്വൈതിയാണ് എന്നൊന്നും ഭാവിക്കരുത് വാസനയാണ് ഈ വ്യതിയാനമൊക്കെയെന്ന് നല്ല പോലെ മനസ്സിലാക്കി വാസനയിലാണ് ക്രിയയെന്നറിഞ്ഞ് സക്രിയമായതെല്ലാം അജ്ഞാനത്തിലാണെന്നും അജ്ഞാനത്തിൻ്റെ മര്യാദകളെല്ലാം ക്രിയയിൽ ജ്ഞാനം വന്നാലും കാണിക്കണം മറ്റുള്ളവർക്ക് മാതൃകയായി ഭംഗിയായി വസ്ത്രധാരണം ചെയ്യാവൂ പതിവായി കുളിക്കണം നഖങ്ങളൊക്കെ വെട്ടണം തലമുടിയൊക്കെ വെട്ടിയൊതുക്കി മര്യാദയ്ക്ക് വയ്ക്കണം പറ്റിയാൽ തലയിൽ ഉഷ്ണീസം ധരിക്കണം ഇങ്ങനെയൊക്കെ മര്യാദക്ക് ജീവിക്കണം മനസ്സിലായില്ല അതൊക്കെ ഞാൻ വിട്ടു അപ്പം ഈ ലോകത്തെങ്ങും നിൽക്കരുത് വിടുമ്പ നേരെ വിട്ടോണം ഹിമാലയത്തിൻ്റെ ഉച്ചിയിൽ കാളില്ലാത്തത് മറ്റുള്ളവർ കാണുന്നുണ്ടോ മര്യാദയ്ക്ക് ജീവിക്കണം എന്നോട് കൂടുതൽ ദേഷ്യം വരും ഏ എന്താ സക്രിയം എന്ന് പറഞ്ഞാൽ ക്രിയയായി കർമ്മമായി രൂപാന്തരപ്പെടുന്നതെല്ലാം അജ്ഞാനം മനസ്സിലായി എല്ലാം ഈശാവാസ്യം ഈശാവാസ്യം ശ്ലോകം ശ്ലോകം അല്ല അവിടെ വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട് അവിദ്യായാമന്തരേ അല അവിദ്യയെ ഉപാസിപ്പവർ ഗുരുദേവന്റെ തന്നെയായിരുന്നു അവിദ്യയെ ഉപാസിപ്പവർ അന്ധതമസിലും വിദ്യാരഥർ അങ്ങതേക്കാൾ കൂരിരട്ടിലും എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് അവിദ്യ കർമ്മം അവിടെ അവിദ്യ എന്ന് പറഞ്ഞാൽ കർമ്മം മനസ്സിലായി കർമ്മമെല്ലാം അവിദ്യാരൂപമാണ് അതുകൊണ്ട് കർമ്മത്തിൽ അദ്വൈതയില്ല കർമ്മങ്ങളറ്റ് വാസനകൾ ക്ഷയിച്ച് ഗ്രന്ഥികൾ പൊട്ടി ആണ് അദ്വൈതാനുഭവം ഉണ്ടാകുന്നത് ഹൃദയഗ്രന്ഥി ഛിദ്ശയ പരാവരേ ആ പരാവരേ ദർശിച്ചാൽ കർമ്മമില്ല കർമ്മയില്ലാത്തരത്തെ അനുഭവം കർമ്മത്തിൽ കൊണ്ടുപോകരുത് അത് അതുകൊണ്ട് വളരെ സ്പഷ്ടമായാണ് ആചാര്യന്മാരിതെല്ലാം പറഞ്ഞിരിക്കുന്നത് വിത്ത് ഒന്നു താൻ ഇതിനെല്ലാത്തിനും വിത്ത് ഒന്ന് വിവിധമായി വിലസുന്നു ഗുരുദേവൻ്റെ ജീവചരിത്രവും കൂടി എടുത്ത് നോക്കോളുക മാംസവും മത്സ്യവും ഒക്കെ വെക്കുന്ന വീട്ടിൽ ചെന്നാൽ ഗുരുദേവൻ വെള്ളം കുടിക്കില്ല എല്ലാം ഒന്നാണെന്നൊന്നും കണ്ടില്ല അതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ അദ്വൈതാനുഭവം കുറഞ്ഞു പോയില്ല പറഞ്ഞ് മനസ്സിലായില്ല എല്ലാം ഒന്നാണെന്ന് കാണുന്നത് ആത്മബോധത്തിലാണ് അത് പ്രത്യേകം തിരിച്ചറിയണം വിത്ത് ഒന്നോ താൻ വിവിധമായി വിലസുന്നു ഒരേ ഒരു ആത്മസ്വരൂപമാണ് വിശേഷരൂപത്തിൽ വിശേഷങ്ങളായ ഭാവങ്ങളോടുകൂടി പ്രതീതമാകുന്നത് ഇതിങ്കൽ അർത്ഥാന്തരം ഈ ദൃശ്യജാലത്തിൽ പൊരുളായിരിക്കുന്ന ഏകമല്ലാതെ വേറൊന്ന് ചെറുതും വിശേഷമായില്ല അല്പം പോലും വിശേഷിച്ചില്ല സാമാന്യമേ ഉള്ളൂ സാമാന്യ തലത്തിൽ ഏകമായ വിത്ത് രണ്ടാമതൊന്നില്ല ചെറുതായിപ്പോലും രണ്ടാമതൊന്നുമില്ല ീ സത്യം ഇരുട്ടുകൊണ്ട് രജ്ജു സ്വരൂപം വിവർത്ത സർപ്പം നിനക്കിൽ ഇത് രജ്ജുവിൽ നിന്ന് വേറോ വേറെയല്ല രജ്ജു തന്നെയാണ് രണ്ടു പേര് നടന്നു വരികയാണ് നടന്നു വരുമ്പോൾ ഒരുത്തൻ വിളിച്ചു പറഞ്ഞു കൂടാ പാമ്പ് രണ്ടുപേരും ചാടി ഓടി പാമ്പിനെ കണ്ട് ഓടുക ഓടി വീട്ടിലെത്തും വീട്ടിൽ വന്ന് കാര്യമായ രീതിയിൽ പാമ്പും ഇത് കഴിക്കാൻ വന്നതും പത്തി പടർത്തിയതും ആടിയതും ഒക്കെ ഒരുത്തൻ വിളിച്ചു പറയാൻ തുടങ്ങി പാമ്പെന്ന് ഒരുത്തൻ പറഞ്ഞപ്പോഴേ മറ്റവനോടി പാമ്പെന്ന് പറഞ്ഞവനും ഓടി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 അപ്പോൾ കാർന്നൂര് ചിരിച്ചുകൊണ്ട് പറഞ്ഞ അവിടെ പാമ്പുമില്ല പത്തിയുമില്ല ഞാനതിൽ പോന്നതാണ് അവിടെ കിടക്കുന്ന ഒരു കഷ്ണം കയറ് കണ്ടിട്ടാണ് നിങ്ങളിപ്പോൾ ഈ പാമ്പെന്നൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പാമ്പെന്ന് പറഞ്ഞവൻ്റെ അജ്ഞാനം മാറിപ്പോയി മനസ്സിലായില്ല അവൻ ശരിയാണെന്ന് പറഞ്ഞെങ്കിലും മറ്റവൻ തർക്കിക്കാൻ തുടങ്ങി ഞങ്ങൾ കണ്ട സാധനമായില്ലെന്ന് പറയും നേരിട്ട് കണ്ടതാണ്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 നുഭവത്തിന്ന് പറഞ്ഞ ആപ്തവാക്യം കേട്ടപ്പോൾ തന്നെ മാറിപ്പോയി രണ്ടാമത്തവന്റെ പാമ്പ് വിക്ഷേപങ്ങളെ കൊണ്ട് രജസും തമസും ചേർന്ന് വിക്ഷേപിച്ച് സത്വം അതിനെ സമന്വയിപ്പിച്ചതുകൊണ്ട്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 കേൾക്കാനൊക്കെ സുഖമാണ് പക്ഷെ നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റുമോ ഭാര്യയും ഭർത്താവും കൂടെ വന്നിരുന്ന് കേൾക്കും ചിലപ്പോൾ ഭർത്താവ് എല്ലാം പുള്ളിക്കരി താഴെ ഇതൊക്കെ കേട്ടേച്ച് പോയി ചെയ്യുമ്പോൾ ഭാര്യ ചോദിക്കും നിങ്ങളാ സ്വാമിയുടെ പ്രഭാഷണമൊക്കെ ഉണ്ടല്ലോ പിന്നെ സ്വാമിമാർക്ക് അങ്ങനെയൊക്കെ പറയാം എടി അത്ര ശരിയായിട്ടൊന്നുമല്ല പിന്നെ നമ്മളും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 പക്ഷെ ഇവന്റെ ഭാര്യയ്ക്ക് അറിയുള്ളൂ ചുക്കും ചുണ്ടാമ്പോ ഇയാൾക്ക് മനസ്സിലാവില്ല ഇതോ നിങ്ങൾ ചിരിക്കുന്നു ഭർത്താവ് വന്നിട്ടുണ്ടോ ഏ എടക്കൊരു ചിരി ആ ഇടയ്ക്കൊരു ഒരു ചെറിയ പുഞ്ചിരി ഏതാണ്ട് വളരെ ഇഷ്ടപ്പെട്ട പോലെ ഏ വളരെ സന്തോഷത്തില അത് അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവം ഇത് തിരിച്ചും മനസ്സിലായി ആദ്യത്തെ ഭാഗം മാത്രമായിട്ട് ഇപ്പൊ ശബ്ദം മാറി അപ്പൊ ഇത് തിരിച്ച് ഇതിന് കാരണം വിക്ഷേപം ആവരണമെന്ന രണ്ട് ശക്തികളുണ്ട് ആവരണത്തിൽ മാത്രമാണ് അജ്ഞാനമെങ്കിൽ ശ്രവണം കൊണ്ട് വിക്ഷേപത്തിലേക്ക് അജ്ഞാനം എത്തിയെങ്കിൽ അവിടെ സത്വം സമന്വയിച്ചെത്തിയതാണ് വേഗം മാറില്ല അതുകൊണ്ടാണ് എല്ലാം ഉണ്ടാകുന്നത് അദ്വൈതം പരമാർത്ഥോഹി ദ്വൈതം തദ്ദേ അതുകൊണ്ട് ആചാര്യന്മാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേഹനാനാസ്തികിഞ്ചന രണ്ടില്ല ഒറ്റക്കാരണമേ ആലോചിച്ച് എന്നാൽ പാമ്പും കയറും രണ്ടില്ല പഠിപ്പിക്കാൻ പറയുമ്പോൾ പാമ്പും കയറും രണ്ടുണ്ടെന്ന് വിചാരിക്കും രണ്ടില്ല കയറു മാത്രമേ അവിടെയുള്ളൂ കയറുമറഞ്ഞാലേ പാമ്പുണ്ടാവുകയുള്ളൂ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 പക്ഷെ അജ്ഞാനി കാണുന്ന പോലെയല്ല പ്രപഞ്ചം ബാധിച്ചു കാണാം മമതയുണ്ടാവില്ല കണ്ടിട്ട് തിരിച്ചു വന്നവന് മരീചികയിലെ ജലം കണ്ട് ദാഹം ഉണ്ടാവില്ല കാരണം അതുകൊണ്ട് ദാഹം ശമിപ്പിക്കാൻ പറ്റില്ല എന്ന് അവൻ ബോധ്യപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് മരീചിക കണ്ടിട്ടില്ലാത്തവന്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 മനസ്സിലായില്ല ഇപ്പോഴാ നൂലുണ്ട് പക്ഷെ ആ നൂല് ബാധിച്ച് നിൽക്കുക ഏത് നിമിഷവും പൊട്ടിപ്പോവാ മനസ്സിലായില്ല ബാധിക്കുക എന്ന് പറയുന്നത് അതാണ് പരീക്ഷിച്ചു നോക്കിയിട്ടില്ല കുട്ടിക്കാലത്തൊന്നും കുട്ടിക്കാലത്തൊന്നും പരീക്ഷിച്ചിട്ടില്ല ഒരു നൂല് കൊണ്ട് കൊടുത്തിട്ട് പറയും ഈ നൂലരി പത്ത് പൈസ നാണയം കിട്ടി കത്തിച്ച് കളഞ്ഞിട്ട് ഈ നൂല് നൂലരി നാണയം നിർത്താവോ എന്നൊക്കെ ചോദിച്ച് പിള്ളേർ കളിക്കും അപ്പോൾ അത് ഉപ്പുവെള്ളത്തിൽ നിൽക്കിയിട്ട് കത്തിക്കും ഉണങ്ങിയിട്ട് അപ്പോൾ നൂലിൻ്റെ ആ പൂഞ്ചികകൾ തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് വിടില്ല ആ ഉപ്പ് കാരണം കൂട്ടിപ്പിടിച്ച് ചെയ്യും ജീവനാകുന്ന ഉപ്പ് കാരണം കൂട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ബാധിച്ചു നിൽക്കുന്നതാണ് സവികല്പമായ സമാധിയിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് മറ്റുള്ളവർക്കുള്ള പോലെ ഈ പ്രപഞ്ചമയക്കുണ്ടാവില്ല അയാൾക്ക് പ്രപഞ്ചം ദുഃഖവുമല്ല പ്രപഞ്ചം ബാധിച്ചു പോകാതെ പ്രപഞ്ചം ഉള്ളതാണെന്ന് തോന്നി അതിൽ ഭ്രമിക്കുമ്പോൾ മാത്രമേ ദുഃഖമുള്ളൂ മരുമനീഷിക പോലെ അവിടെ കാണുന്ന കാനൽ ജലത്തിൽ വെള്ളമില്ല എന്ന് ബോധ്യമാവുകയാൽ അതുകൊണ്ട് ദാഹമുണ്ടാവില്ല ആവരണവും തമസാണ് വിക്ഷേപവും തമസാണ് പക്ഷേ വിക്ഷേപത്തിൽ രജസിൻ്റെ പ്രവർത്തനം കൂടുതലുണ്ട് മനസ്സിലായി തമസ് മാത്രമായി വരുന്ന ആവരണം സത്വത്തിൻ്റെ പ്രകാശം വരുമ്പോൾ അങ്ങ് പോവും രജസ് സത്വത്തിലേക്കും തമസ്സിലേക്കും നിൽക്കുന്നതുകൊണ്ട് അവൻ കളിപ്പിക്കും അതുകൊണ്ട് വിക്ഷേപമുണ്ടായാൽ മാറില്ല ശ്രവണം കൊണ്ടൊന്നും പെട്ടന്ന് കുറച്ച് അനുഭവിക്കണം മനസ്സിലായി അതാണിത് തമ്മിലുള്ള വ്യത്യാസം രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമാണ് വിക്ഷേപത്തിലെത്തുമ്പോഴാണ് പ്രശ്നം ക്ലിയറായി ശ്ലോകം ക്ലിയറായി അടുത്തത് പതിമൂന്ന് ഇടയ്ക്കൊരു ചായയും വെച്ചുണ്ടോ ഇത് പതിനൊന്നരക്കാണോ ഏ പതിനൊന്നരക്കാണോ പതിനൊന്ന് മണിക്കാണോ ഏ റെഡിയാണ് എന്നാൽ പിന്നെ ചൂടെ പോയി കുളിച്ചു കഴിഞ്ഞിട്ടായി